അദ്ദേഹം പറഞ്ഞു എന്റെ ജനതയെ എന്റെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള വ്യക്തമായ തെളിവ് എന്റെ പക്കലുണ്ടെങ്കിൽ അവൻ എനിക്ക് അവന്റെ അടുക്കിൽ നിന്നുള്ള കാരുണ്യവും നൽകിയിട്ടുണ്ടെങ്കിൽ എന്നാൽ നിങ്ങളതിൽ അന്ധരാണെങ്കിൽ നിങ്ങൾ എന്തു വിചാരിക്കും നിങ്ങളതിനെ വെറുക്കുമ്പോൾ ഞങ്ങൾ നിങ്ങളെ അതിലേക്ക് നിർബന്ധിക്കണമോ